അതോ ഭൂമിയെ ഒരു സ്ഥിരവാസ സ്ഥലമാക്കുകയും അതിലൂടെ പുഴകൾ ഒഴുക്കുകയും അതിൽ ഉറച്ച പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും രണ്ട് കടലുകൾക്കിടയിൽ ഒരു മറയുണ്ടാക്കുകയും ചെയ്തവനാണോ വഹുസുബഹാനുഹുവ തയാലയോടൊപ്പം വേറെ ദൈവമുണ്ടോ അല്ല അവരിൽ ഭൂരിഭാഗവും അറിയുന്നില്ല